നമസ്കാരം ഇന്നത്തെ വിഷയം യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ ചരിത്ര കരക അതായത് ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ പേഴ്സൺ നോൺ ആസ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു എന്നൊരു വ്യക്തി ചരിത്രപരമായി ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണ് ആണോ ആണെങ്കിൽ അതിൻ്റെ തെളിവെന്താണ് ഇതിനെക്കുറിച്ച് ഒരു അനലൈസിസ് ആണ് നമ്മൾ യേശു ക്രിസ്ത്യവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യത്തെ ഡോക്യുമെന്റ് എവിഡൻസ് ആയിട്ട് വിശ്വാസികൾ ക്രിസ്തു മത വിശ്വാസികള് വെക്കുന്ന കാര്യമാണ് ബൈബിൾ ഇപ്പൊ ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ ഞാനല്ല ഹാരി പോട്ടർ ഹാരി പോട്ടറിനെ കുറിച്ചൊരു പുസ്തകം ധാരാളം പുസ്തകങ്ങളുണ്ട് അതുകൊണ്ട് ഹാരി പോട്ടർ യഥാർത്ഥമായി ജീവിച്ചിരുന്നൊരു വ്യക്തിയാണോ അല്ല അതേ ഒരു അനലോജി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവണമല്ല അത് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാർ എഴുതിയ റെക്കോർഡ്സിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റുകളുടെ റെക്കോർഡ്സിലൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കാണണമല്ലോ യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം അതെ യേശു ക്രിസ്തുവിന്റെ സെയിം സമയത്ത് ജീവിച്ചിരുന്ന എന്ന് പറയപ്പെടുന്ന സെയിം സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ആദ്യം നമുക്ക് റോമക്കാരെ നോക്കാം കാരണം യേശുക്രിസ് ജീവിച്ചിരുന്ന ജൂഡിയ പുരവിശ്യ സിറിയ എന്ന ഭാഗത്തിന്റെ ഭാഗമായിരുന്നു സിറിയ എന്ന ജിയോഗ്രാഫിക്കൽ ലൊക്കേഷന്റെ ഭാഗമായിരുന്നു ഈ സിറിയ റോമൻ അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു നമുക്ക് റോമക്കാരെ എടുക്കാം സെനക്കാദേ യങ്ങർ തേർഡ് ബി സി തൊട്ട് സിക്സ്റ്റി ഫൈവ് എ ഡി വരെ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനായിരുന്നു പുള്ളിക്കാരൻ്റെ ശരിക്കുള്ള പേര് ലൂഷ്യസ് ആനയോസ് സെനക്ക പുള്ളിക്കാരനൊരു സ്റ്റോയ്ക് ഫിലോസഫറായിരുന്നു ഇത് എഴുത്തുകാരനായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു അതേസമയം പുള്ളിക്കാരൻ റോമൻ ചക്രവർത്തിയുടെ പകരം അഗസ്റ്റസ് സീസറിന് പകരമായി അഗസ്റ്റസ് സീസർ പല സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രാജ്യം ഭരിച്ച ഒരു ഡി ഫാക്ടോ റൂളർ ആയിരുന്നു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കണക്കാക്ക അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത് റോമൺ റൈറ്റർ ഓൺ എത്തിക്സ് അപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ക്രിസ്റ്റിയേനിയസ് നാച്ചുറലിസ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചൊരു പുസ്തകമായിരുന്നു അദ്ദേഹം സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹങ്ങളെക്കുറിച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫെനോമിനെക്കുറിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ആസ്ട്രോളജിയെക്കുറിച്ചും ആസ്ട്രോണമിയെക്കുറിച്ചൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട് പക്ഷെ ഈ ബേത്ലഹേയങ്ങൾ ഉദിച്ച നക്ഷത്രത്തിനെ കുറിച്ചൊന്നും തന്നെ അതേ സമയം യേശു ക്രിസ്തു മരിച്ച സമയത്ത് ഉണ്ടായ ഭൂകമ്പങ്ങളെ കുറിച്ചും ഒന്നും എഴുതിയിട്ടില്ല അതിനെ പറഞ്ഞ അത്രക്ക് പാറ പിളർക്കുന്ന ആ ടൈപ്പിലുള്ള ഭൂകമ്പം എന്ന് പറഞ്ഞ റിച്ചർഡ് സ്കെയിലെ എയ്റ്റ് ഭൂകമ്പങ്ങളാണ് അതൊന്നും അതിനെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല വേറൊരു പുസ്തകമുണ്ട് അദ്ദേഹം എഴുതിയത് സെനക്കാ സൂപ്പർ അതിനകത്ത് എല്ലാ മതങ്ങളെ കുറി അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ മതങ്ങളെ അദ്ദേഹം ധാരാളം ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ജൂത മതത്തെ അദ്ദേഹം ക്രിസ്തു ഒന്നും തന്നെ എഴുതിയിട്ടില്ല പിന്നെ രണ്ടാമത്തെ റോമനാറാണ് ഇത് സെനക്കാതെ യങ്ങറിന്റെ ജ്യേഷ്ഠ സഹോദരൻ ജൂനിയസ് ആനിയസ് ഗ്യാലിയോ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് ബൈബിളിൽ ജൂനിയസ് ആനിയസ് ഗാലിയോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതായത് ദ ബുക്ക് ഓഫ് ആക്ട്സ് പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് ടു പതിനേഴ് വരെ അതിനകത്ത് പറയുന്നുണ്ട് പോൾ അതായത് സെന്റ് പോൾ െ കുറിച്ച് ഒരു കേസ് വരുന്നുണ്ട് കോടതിയിൽ ആ കേസ് കേൾക്കുന്ന ന്യായാധിപനായിരുന്നു ഗാലിയോ അത് ബൈബിളിനകത്ത് പറയുന്ന കാര്യമാണ് സെനക്കാതെ യാങ്ങ തൻ്റെ ഇളയ സഹോദരനായ സെനക്ക പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ ഗാലിയോയും യേശു ക്രിസ്തു അതായത് ഒന്നും തന്നെ പറയുന്നില്ല പോരാതിന് ഈ സെയിന്റ് പോളിന് കോടതിയിൽ വിചാരണ നടത്തുമ്പോൾ ന്യായധ്യപനാണ് എന്ന് പറയപ്പെടുന്ന സെനക്ക ഈ ഗാലിയോ പോലും അങ്ങനത്തെ ഒരു കാര്യത്തിനെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല ഈ ഗാലിയോ ഒന്നും തന്നെ കേട്ടിട്ടില്ല ഈ യേശു ക്രിസ്തു എന്ന വ്യക്തിയെ കുറിച്ച് പിന്നെ നമുക്ക് ജൂ കോണ്ടംപററി ജ്യൂസ് ജൂതമതക്കാർ അതായത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധരായ ജൂതന്മാര അതിനകത്ത് ആദ്യത്തേത് ജസ്റ്റിസ് ഓഫ് ടൈബീരിയസ് ഗലീലിയുടെ അടുത്ത് ഗലീലി പ്രവിശ്യയില് ടൈബീരിയസ് എന്ന സ്ഥലത്തെ ജീവിച്ചിരുന്ന ഒരു ഒരു ചരിത്രകാരനായിരുന്നു ജൂത മത ജൂത ചരിത്രകാരനായിരുന്നു ജസ്റ്റിസ് ഓഫ് ടൈബീരിയസ് അതായത് യേശു ജീവിച്ചിരുന്ന അതേ പ്രവിശ്യയിൽ ഉള്ള ഒരു വ്യക്തി അദ്ദേഹം കിങ് ഹെറോഡ് അഗ്രിപ്പ ദ സെക്കൻഡ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ജൂഡിയ ജൂഡ രാജ്യത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു ഏത് സമയത്തെ ചരിത്രം യേശു ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സമയത്തെ ആ കാലത്തെ ചരിത്രം ആ ചരിത്രത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരൊറ്റ ഒരു കാര്യം പോലും പറയുന്നില്ല എന്തുകൊണ്ട് ആ പിന്നെ വേറൊരു വ്യക്തി നിക്കോളാസ് ഓഫ് ഡമാകസ് ഈ നിക്കോളാസ് ഓഫ് ഡമാകസ് ഈജിപ്ഷ്യൻ ചക്രവർത്തിനിയായിരുന്ന ക്ലിയോപാട്രയുടെയും മാർക്ക് ആന്റണിയുടെയും സുഹൃത്തും അധ്യാപകനും ഉപദേശകനും പിന്നെ ഇവിടെ ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത് കിങ് ഹെറോൾഡ് ദ ഒഫീഷ്യൽ ചരിത്രകാരൻ കോർട്ട് ഹിസ്റ്റോറിയനുമായിരുന്നു നിക്കോളാസ് വലിയൊരു ചരിത്രം എഴുതിയായിരുന്നു ഒരു നൂറ്റി നാപ്പത്തിനാല് പുസ്തകങ്ങൾ അടങ്ങുന്നു അതായത് ജൂത ഈ ജൂത ചരിത്രം അതായത് ഹെറോഡ് മഹാരാജാവ് വരെയുള്ള ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു ഹെറോഡന്റെ സമയത്ത് പക്ഷേ ഈ നിക്കോളാസ് ഓഫ് ഡൊമാസ്കസ് ഒരിക്കലും ബേത്ത്ലഹാമിന്റെ മേളെ ഉതിർച്ചു ഉതിച്ചു വരുന്ന ആ നക്ഷത്ര കുറി നക്ഷത്രത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല പിന്നെ ഈറോഡ് മഹാരാജാവ് ബേത്ത് നഗരത്തിലുള്ള പിഞ്ചു ശിശുക്കളെ കശാപ്പ് ചെയ്യുന്നതിനെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ അതിനെ ഒരു സൂചനയുമില്ല എന്തുകൊണ്ട് പിന്നെ ഫീലോ ഓഫ് അലക്സാൻഡ്രിയ പുള്ളിക്കാരൻ ഒരു എഴുത്തുകാരനായിരുന്നു ഒരു പൊളിറ്റിക്കൽ കമന്റേറ്റർ ആയിരുന്നു ഒരു ഭരണാധികാരി കൂടെ ആയിരുന്നു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ ഇപ്പോഴും പുള്ളിക്കാരൻ്റെ ഒരു മുപ്പതോളം പുസ്തകങ്ങൾ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരന്റെ ഒറ്റ പുസ്തകങ്ങളിൽ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല പുള്ളിക്കാരൻ ഈ ഫ്രഞ്ച് റിലിജൻസിനെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് പക്ഷേ യേശു ക്രിസ്തു പുള്ളിക്കാരന്റെ ഫ്രഞ്ച് റിലിജനെ ഒന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല ഫീലോ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു ജീവിച്ച് ജനിച്ചും മരിച്ചു എന്ന സമയത്തും ജീവിച്ചിരുന്നോണ്ടിരുന്ന വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു മരിച്ചിട്ടും അതിനുശേഷവും അതാസ് ബോൺ ബിഫോർ ജീസസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജീസസ് ആൻഡ് ഈ ലിവ് ഈവൻ ആഫ്റ്റർ ദ ടൈം ഓഫ് ജീസസ് ഡെ ഇദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത് ഒന്നും തന്നെ കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല പിന്നെ യേശുക്രിസ്തു മരിച്ചു അതിനുശേഷം ധാരാളം ചരിത്ര ചരിത്രകാരന്മാരും പ്രസിദ്ധ ചരിത്ര പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു ധാരാളം റെക്കോർഡ്സ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ പോലും യേശു ഒന്നും ഉണ്ടെന്ന് എഴുതിയിട്ടില്ല ഉദാഹരണത്തിന് പാസിനേസ് ഒരു സെക്കൻഡ് സെഞ്ചുറി ഒരു ഗ്രീക്ക് ട്രാവൽ റൈറ്റർ നമ്മുടെ എസ് കെ പൊറ്റക്കാടിന്റെ കൂട്ട യാത്രാ വിവരണങ്ങളൊക്കെ എഴുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എസ്പെഷ്യലി ദൈവങ്ങളെക്കുറിച്ചും ഓരോ മതങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം എഴുതി വരുന്നു ഓരോരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അവിടുത്തെ പ്രത്യേക അവരുടെ ആ കൂട്ടങ്ങളുടെ മതങ്ങളെയും അവരുടെ ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെ ധാരാളം എഴുതി വരുന്നു ഇദ്ദേഹം ഒന്നും തന്നെ എഴുതിയിട്ടില്ല അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അതാത് ഭൂമികുലുക്കങ്ങളെക്കുറിച്ചും ഏഹ് ഇങ്ങനെ മെട്രോളജിക്കൽ ഫിനോമിന യേശു ക്രിസ്തു മറിച്ച സമയത്ത് ഭൂമികുലുക്കത്തിനെ എഴുതിയിട്ടില്ല ഉദിച്ചുയർന്ന നക്ഷത്രത്തിനെ കുറിച്ച് ഒന്നും എന്തിനെഴുതിയിട്ടില്ല ഓക്കെ അയാളെ വിടുക ഏലിയസ് അരിസ്റ്റേഡസ് ഒരു എന്തു പറയാം ഒരു ഹൈപ്പോ കോൺട്രിയാക്ക വളരെ പ്രസിദ്ധനായ ഒരു ഹൈപ്പോ ഇല്ലാത്ത അസുഖങ്ങൾ തനിക്കുണ്ട് എന്ന് വിചാരിച്ച് ലോകത്തുള്ള ആ ആ സമയത്ത് ദൈവങ്ങളുടെ അടുത്തെല്ലാം പോയി രോഗ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏ അദ്ദേഹം എല്ലാ മതങ്ങളുടെ അടുത്തും പോയി പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കിടന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആണ് ബൈബിള് പറയുന്നത് ഇവരിൽ ഇവരെക്കുറിച്ചൊന്നും തന്നെ എഴുതിയിട്ടുള്ള ഇവരുടെ പോയിട്ടുമില്ല കഷ്ടം പിന്നെ മാർക്കസ് കൊർണീലിയസ് ഫ്രണ്ടോ പുള്ളിക്കാരൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല മാക്സിമസ് ഓഫ് ടയർ ഒരു ഗ്രീക്ക് ഫിലോസഫിക്കൽ അധ്യാപകനായിരുന്നു അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് പക്ഷെ യേശു ക്രിസ്തുവിനെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല അറ്റേനിയസ് ഓഫ് നൌക്രാറ്റസ് ഒരു ഗ്രീക്ക് എഴുത്തുകാരനായിരുന്നു ധാരാളം ഫിലോസഫികളെ ഫിലോസഫസ് അവരുടെ പഠിത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ടായിരുന്നു അതാഹ്യം അദ്ദേഹവും ഒന്നും തന്നെ എഴുതിയിട്ടില്ല ലൂഷ്യസ് ഫ്ലേവിയസ് ഫിലോസ്ട്രാറ്റസ് ഒരു ഗ്രീക്ക് വംശജന റോമൻ റോമക്കാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനും ഒരു അവരുടെ രാജാവിന്റെ സദസ്സിലെ ഒരു അംഗവുമായിരുന്നു പുള്ളിക്കാരൻ യേശു ഒരു റഫറൻസ് യേശു ഒന്നും തന്നെ എഴുതിയിട്ടില്ല ഡയോജനസ് ലേർഷ്യസ് ഫിലോസഫിനെ ധാരാളം എഴുതിയിട്ടുണ്ട് മതങ്ങളെ ധാരാളം എഴുതിയിട്ടുണ്ട് പക്ഷെ ക്രിസ്തു മതത്തിനെ യാതൊന്നും തന്നെ എഴുതിയിട്ടില്ല സെക്സ്റ്റസ് എംപറിക്കസ് ഫിലോഫ ഫിലോസഫിയെക്കുറിച്ച് ധാരാളം ക്രിറ്റിസിസം എഴുതിയൊരു വ്യക്തിയായിരുന്നു തേർഡ് സെഞ്ചുറി ജീവിച്ചിരുന്നെ ഇദ്ദേഹവും ഒന്നും തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ തന്നെ എഴുതിയിട്ടില്ല ഇങ്ങനെ ധാരാളം ആൾക്കാർ യേശു ക്രിസ്തുവിന്റെ ജീവിച്ചിരുന്ന വ്യക്തികൾ റോമക്കാരും ജൂതന്മാരും പിന്നെ യേശു മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരുന്ന വ്യക്തികൾ ആരും തന്നെ യേശു ക്രിസ്തുവിനെ തന്നെ എഴുതിയിട്ടില്ല പിന്നെ ഈ ഹെറോഡ് ചക്ര